അതൈവ ശ്രുതി ശ്രുതിയും പറയുന്നുണ്ട് തസ്മാനീ ശ്രുതിയും ഇക്കാര്യം പറയുന്നുണ്ട് ശാന്താശമുള്ളവനായി ായി ഉപരത വിഷയങ്ങളിൽ നിന്ന ഉപരമിച്ചവനായി തിനം ഉള്ളവനായി ശ്രദ്ധേ ധനം എന്നാ പറയും ഉപനിഷത്തുകളിലും വേദങ്ങളിലും ഒക്കെ ശ്രദ്ധ വിശ്വാസത്തിന് വലിയ ധാന്യം കൊടുക്കുന്നു പക്ഷത്തരം വേദത്തിലും ആദ്യം ആവശ്യപ്പെടുന്ന എന്താണ് നിങ്ങൾ വിശ്വസിക്കുക വേദത്തിലൊക്കെ അത് പറയാനെന്താ കാരണം നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറയുന്നു എന്താണ് ആദ്യം സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കണം പിന്നെ യാഗം ചെയ്യണം കാരണം അങ്ങനെ ഒരു വിശ്വാസം ആര് യാഗം ചെയ്യും ും ചെയ്യത്തില്ല ക്രിസ്തു മതത്തിലായാലും ഇസ്ലാം മതത്തിലായാലും എല്ലായിടത്തും ആദ്യം എന്താ പറയുന്ന സ്വർഗമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം പിന്നെ കല്പനകളനുസരിച്ചോ ദൈവത്തിന്റെ നിർദ്ദേശങ്ങളനുസരിച്ചോടെ ജീവിക്കണം എന്താണ് സ്വർഗത്തിൽ പോവാദ്യം വിശ്വാസം മനുഷ്യരോട് ആവശ്യപ്പെടുകയാണ് നമ്മള് വിശ്വസിക്കുക എന്ന് മനുഷ്യരെന്ത യ്യാറാവുകയും ചെയ്യുന്നുണ്ട് ഒരാദ്യം തന്നെ എന്തു ചെയ്യും നൂറ് ശതമാനം വിശ്വസിക്കും എന്നാ പിന്നെ സ്വർഗത്ത് പോകാനു വേണ്ടി ഇവിടെ എന്തെല്ലാം ചെയ്യും സ്വർഗത്ത് പോയാൽ എന്തൊക്കെ കിട്ടും അതല്ല അപ്പതിനുവേണ്ടി മനുഷ്യൻ വിശ്വസിക്കുന്നു മതങ്ങളെല്ലാം നനക്കുന്ന വിശ്വാസത്തിലല്ലേ വിശ്വസിക്ക സുന്ദരികളൊക്കെ ജന്മ അല്ല നല്ല എഴുപത്തിരണ്ട് ഹോറികൾക്ക് വേണ്ടി എല്ലാരും കാത്തിരിക്കേണ്ടി വരും എഴുപത്തിരണ്ട് ഹോറികൾക്ക് വേണ്ടി എല്ലാരും പോകുന്നവരെല്ലാരും മനുഷ്യൻ വിശ്വസിക്കാൻ തയ്യാറാവുന്നു ഇന്നല്ല നൂറ്റാണ്ടുകളായി മനുഷ്യനത് പൂർണ്ണമായും വിശ്വസിക്കില്ല ചെറിയ ധർമ്മയുദ്ധം സ്വർഗത്തെ വെച്ച് ധർമ്മയുദ്ധം അതിനുമുണ്ട് ഈ സ്വർഗം എന്ന് പറയുന്ന ധർമ്മയുദ്ധത്തിൽ മരിച്ച സ്വർഗത്വമാണ് അതുകൊണ്ട് ഇപ്പൊ ഈ പറയുന്ന എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളും ഈ പറയുന്ന ശ്രദ്ധ ഒരു വിശ്വാസത്തിൽ ഉറപ്പിച്ചിട്ടുള്ളതാണ് ആത്മീയത പറയുന്ന എന്തായാലും ശരി പോകുന്ന ആത്മീയത ആയാലും ദ്വൈതമായാലും അദ്വൈതമായാലും എല്ലാ ആത്മീയതയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസം തരുന്ന ഒരേ ഒരു ഘടകമാണ് വിശ്വാസമില്ലേ ഇനി പറയുന്ന ഓരോ സിദ്ധാന്തങ്ങളും നിലനിൽക്കില്ല ഓരോ പ്രാക്ടീസുകളും നിലനിൽക്കത്തില്ല സർവതും മനുഷ്യന്റെ വിശ്വാസമാണ് കാരണം നിങ്ങൾ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഇന്നത് കിട്ടുമെന്ന് പറയുമ്പോൾ അങ്ങനെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു ശ്വസിച്ചിട്ട് അപ്പൊ ചോദിക്കാം ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ നമ്മള് പാകം ചെയ്യുന്നു അന്നം കിട്ടുമോന്ന് വിശ്വസിച്ചിട്ടില്ലേ പാകം ചെയ്യുന്നു ഈ ശാസ്ത്രത്തിനുള്ള വിശ്വാസം ഗുരു ശാസ്ത്ര വിശ്വാസം പറഞ്ഞുകഴിഞ്ഞാൽ അധമായ വിശ്വാസം ഏത് ക്രിസ്ത്യൻസും മുസ്ലിംസും അവർക്ക് ശാസ്ത്രം ഇല്ലേ ൾക്കോ ക്രിസ്ത്യാനികൾക്കോ ശാസ്ത്രമില്ലെന്നാണോ മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികൾ ശാസ്ത്രം ഉണ്ടെങ്കിലും അതൊരു വേരിയഫല്ലോ വിശ്വാസം വിശ്വാസം ഗുരുവിനും ശാസ്ത്രത്തിനും വിശ്വാസം വേണമെന്ന് പറയുന്നത് ഗുരുവുണ്ട് അതിലൊരു ശ്രദ്ധ വേണമെന്ന് പറയുന്നതും സ്വർഗം ഉണ്ട് അല്ലാത്തൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന നമ്മള് വ്യത്യാസമൊന്നുമില്ല േദത്തിൽ പറയുന്ന സ്വർഗമുണ്ട് അത് വെരിഫയബിൾ ആണ് അതിലും ശ്രദ്ധയാണ് പറയുന്നത് അതിലെ ശ്രദ്ധയാണ് ഇങ്ങോട്ടെടുത്തിരിക്കുന്നത് അവിടത്തെ ശ്രദ്ധയെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇനി ഇതില് ഈ പറയുന്ന കാര്യത്തിലാണെങ്കിൽ എന്താ മച്ച ഗുണം ഇവിടെ ഇവിടെ പറയുന്നു ശാസ്ത്രത്തിലും മണ് ഇവിടെ തന്നെ ശാസ്ത്രം പറയുന്നത് ശാന്ത കഴിഞ്ഞിട്ടാണ് ശ്രദ്ധ ശ്രദ്ധ വിത്തു അതിന് പക്ഷേ ശാന്തതയോ ഉപരിധിയോ തിരച്ചു ഒന്നും വിശ്വസിക്കാൻ പോക്ക് ഇവിടെ ഈ പറയുന്ന എന്താണ് ശ്രദ്ധ വിശ്വാസമുള്ളവനല്ലേ ശാന്തത്തിനും ദാന്തത്തിനുമൊക്കെ പോകും അല്ലാത്ത ഇതിനു പോകൂ ഈ പണിക്കിറങ്ങും ഏ ഇല്ല അപ്പമില്ല വിശ്വാസമല്ലേ ആദ്യം വരുന്നത് വിശ്വാസം ഇല്ലെങ്കി വെറുതെ ദിനം അങ്ങനെ ജീവിക്കണം ശാന്തിയും താന്തിയും ഒക്കെ ആയിട്ട് ജീവിക്കുന്നതിന് എന്റെ ആവശ്യം തന്നെ ശ്രദ്ധ അത് തന്നെ ജ്ഞാനം ജ്ഞാനം അതെ ഈ നിങ്ങള് പറയുന്ന അദ്വൈതജ്ഞാനം മനസ്സിലായോ അങ്ങനെ ഒരു ജ്ഞാനമുണ്ടെന്ന് വിശ്വസിച്ചാണ് ആ ജ്ഞാനം നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നത് ഇവിടെ എന്താ പറയുന്നത് ബ്രഹ്മ ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള ആഗ്രഹം അപ്പൊ അറിയുന്നതിനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അറിവുണ്ടാകണം അങ്ങനെ ഒരു അറിവ് ഉണ്ടാകണമെങ്കിൽ ആദ്യം തന്നെ വിശ്വസിക്കണം അങ്ങനെ ഒരു അറിവുണ്ടെന്ന് അങ്ങനെ ഒരു അറിവുണ്ട് എന്തിന്റെ അറിവ് ബ്രഹ്മം അപ്പൊ ബ്രഹ്മം ഉണ്ടെന്ന് വിശ്വസിക്കണം ഞങ്ങള് സമാധി പരിശീലിക്കണമെങ്കിൽ സമാധി ഉണ്ടെന്ന് വിശ്വസിക്കണം മനസിലായോ അപ്പൊ ഏത് ആധ്യാത്മികമായ സാധനയായാലും ശരി ആദ്യം മതമായാലും ശരി ഏത് ആത്മീയ പ്രക്രിയ ആയാലും ശരി ആദ്യം വിശ്വസിച്ചാലേ അതിന് മുമ്പോട്ട് പോകാൻ പറ്റില്ലാത്തവർക്കും മുമ്പോട്ട് പോകാൻ പറ്റില്ല വിശ്വാസമാണ് എന്റെ അടിസ്ഥാനം അങ്ങനെയാണെങ്കി ഞാൻ ചോദിച്ചതല്ല അങ്ങനെയാണെങ്കി ഭക്ഷണം പാകം ചെയ്യുന്നു അവിടെയും വിശ്വാസം വേണ്ടെന്നാണ് ചോദിക്കുന്നത് എല്ലായിടത്തും വിശ്വാസം അല്ലേ അവിടെ എന്തേ വിശ്വാസം വേണോ ഭക്ഷണം പാകുന്ന എന്തായി വിശ്വാസം വേണം ാതോ അരി അടുപ്പിടുന്ന ചോറാവൂന്ന് ശരി ചോറിട്ട അരി ഇട്ട അരി ഇട്ടു കഴിഞ്ഞാല് ചോറുണ്ടാവും എന്നുള്ള വസ്തുനിഷ്ഠമായ അറിവുണ്ട് പക്ഷെ ചോറുണ്ടാവും വിശ്വാസമില്ല ഒരാൾ പാവം ചെയ്യും ചെയ്യും അനുഭവം ഇല്ലാത്ത സ്വർഗ്ഗ അനുഭവമാണ് സമാധി അനുഭവമാണ് എല്ലാ അനുഭവം ബ്രഹ്മത്തെ അറിയുന്നു എന്ന് പറയുന്നൊരു അനുഭവാണ് ആ ഒരു അനുഭവമാണ് ആ അനുഭവം ഉണ്ടെങ്കിലും എനിക്കല്ല ആർക്കെങ്കിലും ഉണ്ട് ഉണ്ടെങ്കിലും ഞാൻ വിശ്വസിച്ചാലേ എനിക്ക് അറിവും അനുഭവൊക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പൊ അറിവും അനുഭവം ഉണ്ടാകുന്നതിന് എനിക്ക് വിശ്വാസം വേണമെന്നാണ് ഗുരുവിന് അനുഭവം ഉണ്ട് എനിക്ക് അനുഭവം ഉണ്ടല്ലോ അപ്പൊ എനിക്ക് അനുഭവം ഉണ്ടാവണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ആദ്യം വിശ്വസിക്കണമെന്നാണ് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെയല്ലേ വിശ്വാസത്തിലല്ലേ പോകുന്നുവെന്നാണ് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ അഭിപ്രായം ഞാൻ പലതും പറയും നിങ്ങളെന്ത് മനസ്സിലാക്കി എന്നുള്ളതാണ് വിശ്വാസം അതായത് ഇപ്പൊ ഈ വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് പുകയുള്ളടത്തെല്ലാം തീയുണ്ട് എന്ന് പറയുന്നത് അത് ഒരു റാഷണലായ അറിവാണ് എന്നുവെച്ചാ നമുക്ക് ഒബ്സർവേഷനിലൂടെ അങ്ങനെ ഒരു അറിവുണ്ടാവുന്നുണ്ട് ഒബ്സർവേഷനിലൂടെ അങ്ങനെ ഒരു അറിവുണ്ടാകുന്നുണ്ട് യാഗം ചെയ്താ സ്വർഗം കിട്ടും അല്ലെങ്കിൽ ഇന്ന കർമ്മം ചെയ്താൽ മരിച്ചിട്ട് സ്വർഗ്ഗത്ത് പോകാന്ന് പറയുന്നത് പോലെയുള്ള ഒരു വിശ്വാസത്തിന്റെ ആവശ്യം അവിടെ കാരണം ഇത് ഒബ്സർവിളാണ് പുക എവിടെയുണ്ടോ തീ എവിടെയുണ്ടോ അപ്പോ അവിടെ ഇത്തരത്തിലൊരു വിശ്വാസത്തിന്റെ ആവശ്യമുണ്ട് പിന്നെ ഇവിടെ എന്താണ് ഇവിടെ ഈ പറയുന്ന എന്താണ് ഇപ്പൊ നമ്മള് അടുപ്പില് പാത്രം വെച്ച് വെള്ളം തിളപ്പിച്ച് അരിയിട്ട് ആരെങ്കിലുമ പാത്രം തട്ടിമറിച്ചിട്ട് ചോറ് വെന്തില്ല ചോറ് കിട്ടിയതുമില്ല അപ്പോ നമ്മളവിടെ ഒരു വിശ്വാസത്തെ മുൻനിർത്തിയല്ലേ ചെയ്യുന്ന അവിടെ ഒരു വിശ്വാസം ചോറാകുന്നു കാരണം ചിലപ്പോൾ ഇത് ചോറ് കിട്ടാതെ പോകുന്നുണ്ടല്ലോ അപ്പൊ ചോറ് ശരി ഒരുപാട് പേര് അരിയിട്ട് ചോറുണ്ടാക്കുന്നു അതാണ് ഒബ്സർവേഷൻ ആ ഒബ്സർവേഷൻ കണ്ടിട്ട് നമ്മൾ നമ്മുടെ വിശ്വാസം കൂടെ ചേർത്തിട്ടില്ല ആ പ്രവൃത്തി ഞാനും അതുപോലെ അരിയിട്ട് കഴിഞ്ഞാൽ ചോറാകും അപ്പൊ അവിടെ ഒരു വിശ്വാസം കാരണം ചിലപ്പോൾ അത് വരുന്നുണ്ടല്ലോ ചിലപ്പോൾ നമ്മള് അരി അടുപ്പത്തിട്ട് ചോറ് എല്ലാം റെഡിയാക്കിയിട്ട് പോകുന്നു മറന്നു പോകുന്നു ചോറാവുന്നില്ല കരിഞ്ഞു പോകുന്നു ഇപ്പം നമ്മൾ ചെയ്യുന്നതിൽ ഒബ്സർവേഷനുണ്ട് നമുക്ക് അറിവുണ്ട് പക്ഷെ ചിലപ്പോൾ കിട്ടാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുമ്പം നമ്മളുടെ ഉള്ളിലൊരു വിശ്വാസം കൂടെ എനിക്ക് ചോറ് ഇത്ര മണിക്ക് ചോറ് കഴിക്കാൻ പറ്റും എന്നൊരു വിശ്വാസമില്ലേ ചെലപ്പോ മാറിപ്പോ കരിഞ്ഞു പോകുന്നതാല് ടെക്നിക്കല് തന്നെ പറഞ്ഞത് തന്നെ ശരിയാണ് അപ്പൊ അവിടെ നമുക്ക് വിശ്വാസം വേണ്ടെന്നാ ചോദിക്കുന്നു വിശ്വാസം എന്താണ് അരിയിടുന്നു ചോറ് കെട്ടുന്നു എന്ന് പറയുന്ന എന്ത് വിശ്വാസം ഇത് പ്രത്യക്ഷ എന്താ ഇവിടുത്തെ വിശ്വാസം എന്ത് തരത്തിലുള്ളതാണെന്നു റാഷണൽന്ന് പറയുമ്പോ വിശ്വാസന്റെ ആവശ്യമുണ്ട് പക്ഷെ തലപ്പാറില്ല ഞങ്ങളുടെ വേദാന്തമനുസരിച്ചാണെങ്കിൽ പട്ടവർ യു ഡോ ദിങ് ഫോർ വെയ്സ് എക്സ്പെക്ടഡ് ലെസ് മോർ ജസ്റ്റ് ഓപ്പോസിറ്റ് വി ഹാവ് റൈറ്റ് ടു ഡു ദ ആക്ഷൻസ് നോട്ട് റിസൾട്ട് ദാറ്റ് വെയിൽ ഓക്കെ <laughs> <laughs> <laughs> <laughs> <laughs> <laughs> I think it's not a karma. It's not a karma. It's not a karma. Result is coming from Isra. That can be less, more, uh, you know, just opposite or equal. It's not a karma. It's not a karma. Result can mean four ways, mm. just to be expected, maybe less, maybe less, more, just so, the ജസ്റ്റ് വി എക്സ്പെക്ടഡ് it, ബി ലെസ് മേ ബി മോർ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് മീൻസ് ഇപ്പൊ നമ്മളൊരാള് റോഡ് ക്രോസ് ചെയ്യുന്നു കാരണം വേറെ ഒരു വണ്ടി വന്നിടിച്ചു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഓപ്പോസിറ്റ് സമാധിപ്പനായിരുന്നു പക്ഷേ അത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിസൾട്ട് അവൻ പോയി ഹോസ്പിറ്റലിൽ ഒന്ന് കണ്ണൂർ നോക്കുമ്പോൾ ഫാൻ കിടന്നുന്നു എന്നാണെന്ന് അറിയില്ല ഗീത പഠിപ്പിക്കുമ്പോഴാണ് പഠിപ്പിക്കുന്ന മുഴുവൻ അബദ്ധവും വെട്ടിത്തരവാണ് ഈ പഠിച്ചു വച്ചിരിക്കുന്ന മുഴുവൻ വരാം അതായത് കർമ്മ നിയമികാരസ്ഥുകഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കർമ്മം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരു പ്രവൃത്തി ചെയ്യാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ചെയ്യാതിരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ശരിയായ രീതി ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് തെറ്റായ രീതി ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ആ സ്വാതന്ത്ര്യം ഫലത്തിന്റെ കാര്യത്തിൽ ചെയ്യുന്നവനില്ല ും തന്റെ സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യത്തിന് അധീനമല്ല അത് പറയാം താൻ പ്രവർത്തിക്കുന്നിടത്ത് പക്ഷെ ബലമെന്ന് പറയുന്നിടത്ത് ഇതാണ് ഈ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് പലതരത്തിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് ഒരു പ്രവൃത്തി തന്നെ നമുക്ക് പൂർണമായും ചെയ്യാൻ പറ്റും ചിലപ്പോൾ നമുക്ക് പൂർണമാക്കാതിരിക്കാനും പറ്റും അപ്പോൾ ആ പ്രവൃത്തിയുടെ പൂർണതയിൽ മാത്രമേ ആ പ്രവൃത്തിക്ക് ഉള്ള ഫലം നമുക്ക് കിട്ടത്തുള്ളൂ ആ പ്രവൃത്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപൂർണത വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും ആ പ്രവൃത്തിയുടെ ഇതായ ഫലമെന്തോ അത് കിട്ടത്തില്ല അപൂർണത വന്നു കഴിഞ്ഞാൽ അപ്പോ പ്രവൃത്തി ചെയ്യുന്നവനെ സംബന്ധിച്ച് പലതരത്തിലും ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നുവെച്ചാൽ പൂർണമായും ചെയ്യാം അപൂർണമായി ചെയ്യാം ചെയ്യാതിരിക്കാൻ ഇങ്ങനെയുള്ള ഇങ്ങനെ വരുന്നതുകൊണ്ട് ഫലവും എന്ത് വരുന്നു അതുപോലെ തന്നെ മാറിപ്പോവും ഫലവും അങ്ങനെ മാറിപ്പോവും പിന്നെ അവിടെ ഈശ്വരൻ എന്ന് പറയുന്നതിനൊന്ന് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് അത് ഈശ്വരൻ ചെയ്യുന്നുണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല അവിടെയൊന്നും ഇല്ല അത് ഈശ്വരനെ അവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല ഒരു ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ ഞാനിപ്പോ ഭക്ഷണം കഴിക്കുന്നു എന്റെ ഒരു പ്രവൃത്തിയാണ് സാധാരണ പ്രവൃത്തി മനസിലായി ഈ പ്രവൃത്തിയെന്ന് വെച്ചാൽ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താണ് നല്ല ഭക്ഷണം സെലക്ട് ചെയ്യുക നല്ല സമയത്ത് വിശപ്പുള്ള സമയത്ത് കഴിക്കുക മനസിലായ വിശപ്പുള്ള സമയത്ത് ഞാൻ കഴിക്കണം നല്ല ഭക്ഷണം കഴിക്കണം കഴിക്കേണ്ട രീതി കഴിക്കണം വാരി വലിച്ചൊന്നും തിന്നാൻ പാടില്ല അപ്പോൾ അങ്ങനെ ആ പ്രവൃത്തി ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രവൃത്തി ഞാൻ പെർഫെക്റ്റായി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും പൂർണമായ ഫലം എനിക്ക് കിട്ടും അതെന്റെ ആരോഗ്യത്തിന് എന്റെ വിശപ്പ് മാറ്റും എനിക്ക് സന്തോഷം എന്തൊരു ഭക്ഷണം കൊണ്ട് എന്തൊക്കെയാണ് കിട്ടേണ്ടത് എല്ലാം ചെയ്യും എല്ലാം കിട്ടും അതിനവിടെ ഈശ്വരന്റെ ആവശ്യമില്ല എന്തുകൊണ്ടാണ് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ദൈവത്തിനധികം ഒന്ന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതിൻ്റെ അകത്ത് യന്ത്രങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട് അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും അതനുസരിച്ച് നടന്നു പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പെർഫെക്റ്റായി ചെയ്യണം ഇപ്പ എനിക്ക് അസുഖം ഉണ്ടെന്നിരിക്കട്ടെ എനിക്ക് പ്രവൃത്തി പെർഫെക്റ്റ് ആയി ചെയ്യാൻ പറ്റില്ല നേരെ ചെയ്യാൻ പറ്റില്ല അപ്പൊ എനിക്ക് ആ ഭക്ഷണം കഴിക്കുന്ന ഫലവും കിട്ടത്തില്ല അപ്പോ പ്രവൃത്തിയിലാണ് എനിക്ക് സ്വാതന്ത്ര്യം ഉള്ളത് ഫലം എന്ന് പറയുന്നതിന് എനിക്ക് സ്വാതന്ത്ര്യമില്ല ഇത്രേ ഉള്ളൂ അതിന്റെ അർത്ഥം പ്രവൃത്തി നേരെ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഉദാഹരണത്തിൽ തന്നെ മനസ്സിലാവും ഫലം കൃത്യമായി ഇരിക്കും പ്രവൃത്തികൾ എന്തെങ്കിലും ഉണ്ടോ അത് ഏതെങ്കിലും കാരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബലവും ശരിയാകത്തില്ല മനസ്സിലായ അവിടെ ദൈവത്തിൽ നിന്ന് കൊണ്ടുവരാൻ ദൈവത്തിനെ കൊണ്ടുവരുന്ന നമ്മളൊരു വിശ്വാസം വേണമെങ്കിൽ കൊണ്ടുവരാൻ കൊണ്ടുവരാതിരിക്കാം പ്രവൃത്തിയും ഫലവുമായിട്ട് ഇതിന്റെ അതിന്റെ ആവശ്യമില്ല പ്രവൃത്തിക്കനുസരിച്ച് ഫലം ലോകത്തെല്ലാം അങ്ങനെയാണ് പ്രവൃത്തി വളരെ പെർഫെക്റ്റ് ആയിരുന്നു കഴിഞ്ഞാൽ വിടെ ഒരു പ്രോബ്ലം വരുന്ന അവിദ്യ കാമ കർമ്മ ഫലം വരുന്ന ഫലമുണ്ടാകുമ്പം അവിടുത്തെ ജന്മം ഉണ്ടാകുമെന്നും അപ്പൊ ഫലത്തെ ച്ഛിക്കാതെ ഈശ്വരാർണമായിട്ട് കർമ്മയോഗത്തെ കൂടി ചെയ്യണമെന്നും അങ്ങനെയൊക്കെ വരുമ്പോ അവിടെ ഈശ്വരനുണ്ടെന്ന് അംഗീകരിക്കേണ്ട കാര്യത്തില് നമുക്ക് ഈശ്വരനുണ്ടെന്നും വിശ്വാസമുള്ളവർക്ക് അംഗീകരിക്കാം അനന്തദോഷം വിശ്വാസമുള്ളവർക്ക് ഈശ്വരനെ അംഗീകരിക്കാം പറഞ്ഞു അടുത്ത ജന്മം ഉണ്ടെന്ന് വിശ്വാസമുള്ളവർക്ക് അംഗീകരിക്കാം പക്ഷെ കർമ്മവും പ്രവൃത്തിയും പറയുന്നിടത്ത് അവിടെ നമ്മുടെ വിശ്വാസത്തിന് സ്വാധീനം ഒന്നും വേണ്ട വേണമെന്നുള്ളവർക്ക് ഇപ്പോ ഈ ജന്മത്തിൽ ഞാൻ നല്ല പ്രവൃത്തിയൊക്കെ ചെയ്ത അടുത്ത ജന്മത്തിൽ എനിക്ക് നല്ല ജന്മം കിട്ടും പറയുന്ന എന്റെ വിശ്വാസം അല്ലേ വേറെ എന്തെങ്കിലും രേഖയുണ്ടോ അതിന് ഒരു രേഖ ഇല്ല സമാധി അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ അവിടെ നമ്മളേറ്റം ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഭക്ഷണം കഴിക്കുന്നുണ്ട് എല്ലാവരുടെയും വിശപ്പ് മാറുന്നുണ്ട് അപ്പോ ഇവിടത്തെ ഈ കർമ്മവും ഈ ഫലവും എന്ന് പറയുന്നത് ഒബ്സർവബിളാണ് രണ്ടും വെരിഫയബിളാണ് രണ്ടും റീസണബിളാണ് രണ്ടും റാഷണലാണ് എല്ലാ എക്സ്പീരിയൻഷ്യലാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് ഒരു ഡിബേറ്റിന്റെ ആവശ്യമേ ഇല്ല ആവശ്യമുണ്ട എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ് നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം പെർഫെക്റ്റ് ആയിരുന്ന ബാക്കി കാര്യം പെർഫെക്റ്റ് ആയിരിക്കും കാരണം അപ്പൊ എന്തുകൊണ്ട് അത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു പ്രകൃതിയിലെ നിയമം എന്നു പറയാം പ്രകൃതിയിലൊരു നിയമമാണത് മനസിലായോ പിന്നെ നമ്മള് കൃത്യമായി പ്രാണായാമം ചെയ്യുന്നു യോഗ പറഞ്ഞിരിക്കുന്ന രീതി ചെയ്യുന്നു അത് ഫ്ലൈറ്റ് മോഡിലുണ്ട് ഫ്ളൈറ്റ് മോഡിലുണ്ട് അങ്ങനെയുണ്ട് പിന്നെ അടിച്ചാലും റിയില്ല നമുക്ക് പിന്നീട് എടുത്ത് നോക്കി ആരാണ് വിളിച്ചതെന്നറിയാനും പറ്റും അപ്പോൾ അതേസമയം നോക്കുക ഞാൻ കൃത്യമായിട്ട് പ്രാണായാമം ചെയ്യുന്നു ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ രീതി ചെയ്യുന്നു പിന്നെ ഇതിന്റെ റിസൾട്ട് വിശപ്പെന്ന് പറയുന്ന നമുക്ക് ഈ പറയുന്ന എല്ലാം ഉണ്ടവിടെ വിശപ്പും നമ്മുടെ ഭക്ഷണവും ആഹാരത്തിന്റെ ഡൈജഷൻ തൃപ്തി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്നതെല്ലാം ഉണ്ടവിടെ ഒബ്സർവബിളാണ് റാഷനാണ് റീസണബിളാണ് എക്സ്പീരിയൻഷ്യലാണ് എല്ലാ കാര്യങ്ങളും അവിടെ യോജിക്കുന്നുണ്ട് പക്ഷെ എന്താണ് നമ്മൾ പ്രാണായാമം ചെയ്യുന്നു മറ്റു അഭ്യാസങ്ങൾ ചെയ്യുന്നു സമാധി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അത് റീസണബിളല്ല റാഷണലല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം എക്സ്പീരിയൻഷ്യലല്ല ഈ പറയുന്ന ഒന്നും അവിടെ യോജിക്കുന്നുണ്ട് പിന്നെ അതെന്താണ് സമാധി കിട്ടും എന്നുള്ളത് വിശ്വാസം അത് കേവലൊരു ഫെയ്ത്ത് മാത്രമാണ് നമ്മുടെ വിശ്വാസം അവിടെയാണ് വിശ്വാസം അപ്പത് എന്താ സംഭവിക്കും എന്നുള്ളതിന് ഈ വിശ്വാസത്തിനപ്പുറം നമ്മുടെ ഇതിൽ യാതൊന്നുമില്ല ശ്ലോകത്തിൽ അതെ അല്ലല്ല ഈ ശ്ലോകത്തിൽ പറയുന്നത് ഭക്ഷണവും ദഹനവും പോലെയുള്ള കാര്യമാണോ പറയുന്നത് വിശ്വാസത്തിന്റെ കാര്യമല്ല പറയുന്നു കർമ്മത്തിൽ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് ഫലത്തിൽ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് കർമ്മം ശരിയായാൽ ഫലവും ശരിയായിരുന്നു കർമ്മം ശരിയായില്ലെങ്കിൽ ഫലം ശരിയാവത്തില്ല കൃത്യമായ കാര്യം പറയണം അവിടെ വിശ്വാസത്തിന്റെയോ ദൈവത്തിന്റെയോ മറ്റു കാര്യങ്ങളൊന്നും അവിടെ ആവശ്യമില്ല കർമ്മത്തെ സംബന്ധിച്ചുള്ള ഒരു സാമാന്യ നിയമം ആർക്കും മനസ്സിലാവുന്ന നിയമം പറയും മറ്റേക്ക് എന്താണ് നമ്മുടെ വിശ്വാസമാണ് അതിപ്പോ പ്രാണായമം ചെയ്താൽ സമാധി കിട്ടുമോ എന്ന് ചോദിച്ചു യാഗം ചെയ്താ സ്വർഗ്ഗം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോലെ തന്നെ സ്വർഗമുണ്ടെങ്കിൽ കിട്ടും സമാധി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ കിട്ടില്ല അതെ ഈ എഴുതിയിരിക്കുന്ന പാടലുകളിൽ നമ്മൾ വിശ്വസിക്കുന്നോണ്ട് നമ്മളത് ചെയ്യുന്നു അല്ലേ വിശ്വാസമുള്ള അടിസ്ഥാനം നമുക്കത് ഏതെങ്കിലും തരത്തിൽ ഒബ്സർവബിളാണോ പ്രൂവ് ചെയ്യാൻ പറ്റുമോ അതൊരാക്ഷണലാണോ ഒന്നുമല്ല നമ്മളെ വിശ്വാസം കൊണ്ട് ചെയ്യുന്നു ചെയ്തു കഴിഞ്ഞാൽ ഈ സമാധി ഉണ്ടെങ്കി നമുക്ക് കിട്ടൂല്ല ഇന്നല്ലേ പറയാൻ പറ്റൂ വേറെന്താ പറയാ അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഉണ്ടെങ്കിൽ കിട്ടും നിരാശപ്പെടേണ്ട കാര്യമില്ല ഇല്ലെങ്കിൽ കിട്ടത്തില്ല പക്ഷെ ഇതങ്ങനെയല്ല നിങ്ങൾ പെർഫെക്റ്റായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വിശപ്പ് മാറിയിരിക്കും അതിന് വേറെ എന്തുകൊണ്ട് ഇതിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത് നമുക്ക് ഒബ്സർവബിളാണ് കാരണം നമ്മൾ തന്നെ മുമ്പ് കഴിച്ചിട്ടുണ്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ചുറ്റുപാട് ചുറ്റുപാടുള്ള എല്ലാ മനുഷ്യരും ഭക്ഷണം കഴിക്കുന്നു വിശപ്പുമാറുന്നു അവര് നേരെ ചെയ്യുമ്പോൾ ഫലം കിട്ടുന്നതും നേരെ ചെയ്യാത്തപ്പോൾ ഫലം കിട്ടാത്തതുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഒരു ലോകബോധ്യമായ കാര്യമാണ് മറ്റു ചില ഇൻഡിവിഡ്വൽസ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന കാര്യവും നമുക്ക് ഒരു തരത്തിലും വെരിഫൈ ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവുമാണ് അപ്പോൾ അവിടെയാണ് വിശ്വാസം നേരത്തെ പാചകത്തിന്റെ ോത്തില്ല അവിടെ നമ്മുടെ വിശ്വാസത്തിന്റെ പ്രസക്തിയേ ഇല്ല വിശ്വസിക്കേണ്ട കാര്യമില്ല എന്താണ് അത് വെരിഫയബിൾ ആയൊരു കാര്യമാണ് അരി അടുപ്പിലിട്ട് ചോറോ പിന്നെ ചിലപ്പോൾ ചോറ് കിട്ടാത്ത എന്തുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തി ശരിയല്ല പ്രവൃത്തിയില്ല എന്തോ തടസ്സം വന്നു അല്ലെങ്കിൽ പ്രവൃത്തിയില്ല എന്തെങ്കിലും വിഘ്നം വന്നു അല്ലെങ്കിൽ പ്രവൃത്തി ശരിയല്ല അപ്പൊ അവിടെ വിശ്വാസത്തെ അവിടെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ വിശ്വാസം എന്ന് പറയുന്നൊന്നെ ആവശ്യമില്ല കാരണം വെരിഫയബിൾ ആയൊരു കാര്യത്തിനും വിശ്വാസത്തിന്റെ ആവശ്യമില്ല അത് വെരിഫയബിൾ അല്ലെങ്കിൽ ഇവിടെ എന്തുവേണം വിശ്വാസം വേണം ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ഈ പറയുന്ന വിശ്വാസം ശ്രദ്ധ എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന ബ്രഹ്മജ്ഞാനം മോക്ഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കൊരിക്കലും വെരിഫയബിൾ അല്ല അതുകൊണ്ടാണ് പറയുന്നത് നേരത്തെ നിങ്ങളത് വിശ്വസിക്കുക ആദ്യം ആദ്യം വിശ്വസിക്കുക എന്നിട്ട് ബ്രഹ്മജ്ഞാനത്തിന് ശ്രമിക്കുക മോക്ഷത്തിന് ശ്രമിക്കുക അപ്പൊ വിശ്വസിച്ചിട്ട് ശ്രമിച്ചാൽ കെട്ടുവോ കിട്ടുകെ എന്ന് ചോദിച്ചാ എന്താ ഉത്തരം അങ്ങനെ പറയാൻ പറ്റാറൊന്നും ഇണ്ട് ഏ എന്താ ഉത്തരം ഇത്രയും കാലം പഠിച്ചിട്ട് ഇപ്പഴാ മനസ്സിലായു കൊറേ കാലമായിട്ട് ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ പോയി പഠിക്കുന്നു ഇപ്പഴാതിന്റെ ഗുഡനുസൃത്തി ബ്രഹ്മം ഉണ്ടെങ്കി കാണും കാണും ില്ലാത്ത നിങ്ങള് വിശ്വസിക്ക വിശ്വസിക്കാൻ അവിടെ പറയുന്നു ശ്രദ്ധ വിത്വ ഭൂത്വ മനസ്സിലായോ ആത്മനീവത്മാനം തന്നെ സാക്ഷാത്കരിക്കുക എന്തുകൊണ്ട് പറയുന്നു അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ പഴയകാലത്ത് വേദ കാലഘട്ടങ്ങളിലേക്ക് ഇവർ ഒരുപാട് പ്രകൃതി ശക്തികളെയൊക്കെ ആരാധിച്ചിരുന്നു അങ്ങനെ പലതരത്തിലുള്ള ഉപാസനകളുണ്ടായിരുന്നു ഇന്ദ്രനെയും വായുവിനെയും രുദ്രനെയും മരുണനെയും അപ്പോ അതിന് അല്ലെങ്കിൽ സ്വർഗത്തെയും അപ്പോൾ അവിടെ നിന്നുമല്ല തെല്ലാം പിന്നെ എന്താണ് തന്നിൽ എന്നുവെച്ചാൽ തൻ്റെ ഉള്ളിൽ തന്നെ ആണ് ഇരിക്കുന്ന ഈ ബ്രഹ്മം തന്നെ തന്നെ തൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ബ്രഹ്മം ഇരിക്കുന്നത് അപ്പോൾ ബ്രഹ്മത്തെ അല്ലെങ്കിൽ ആത്മാവിനെ കാണേണ്ടത് സർവം ആത്മനിവശ്യതി അത് സർവം ഖലുതം ബ്രഹ്മ എന്നൊക്കെ പറയുന്നു എല്ലാത്തിനെയും കാണുന്നു തന്നിൽ നിന്ന് അന്യമല്ലാതെ അതേ ആശയം പറഞ്ഞിരിക്കുകയാണ് ഏതമാതിരൂപ സാധന സമ്പദ് പ്രകർഷ ീ പറഞ്ഞതാണ് ശമതമാതിരൂപ സാധനം ഈ ശമതമാതി സാധനത്തിന്റെ സമ്പത്ത് സമ്പത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ മലയാളത്തിൽ പറയുന്ന സമ്പത്ത് എന്നാണ് അർത്ഥം ഇവിടെ പ്രകർഷംന്ന് വെച്ചാൽ ആധിക്കും ഇപ്പൊ സാധന സമ്പന്നനായിരിക്കണം എന്ന് വെച്ചാൽ സാധനം കൊണ്ട് സമ്പന്നനായിരിക്കും സാധനങ്ങളെല്ലാം ധാരാളം ഉണ്ടായിരിക്കുന്നു ആവശ്യത്തിനുണ്ടായിരിക്കും ഭാഷയത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് കാമുത്രാർത്ഥ ഭോഗാ ഭാഷ താരനാക്ഷതീത്യാഹ ഇതെല്ലാം വരുമ്പോഴത്തേക്ക് എന്ത് വരുന്നു നിത്യാനിത്യ വസ്തുവേഗം വിരാഗം പിന്നെ സമാധി ഇതൊക്കെ വരുമ്പോഴത്തേക്കാണ് വരുന്നത് എന്ന് പറയുന്ന മുമോക്ഷത്വം വരത്തില്ലേ വരത്തില്ലേ മോക്ഷത്വം ഇല്ലാത്ത ഒരാള് ശമന്തമം ഇതിനൊക്കെ പോകും തഥോസ്യ അത് കഴിഞ്ഞിട്ട് അവന് സംസാര ബന്ധനാത് മൂക്ഷാ പോന് സംസാര ബന്ധനത്തിൽ നിന്നും മോക്ഷത്വം വരും പറഞ്ഞ അർത്ഥം ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് ഒരാൾക്ക് തീവ്ര മോക്ഷത്വം വരുന്നു അല്ല മോക്ഷത്വം ഇല്ലാത്ത ഒരാള് ഒരിക്കലും സമന്ദമം ഉപരതി ഇതിനൊന്നും പോകത്തില്ല ആ അപ്പൊ തഥോവശ്യ അതിന് ശേഷം എന്ന് പറഞ്ഞാന്റെ അർത്ഥം തീവ്രമോക്ഷത്വത്തേണ് മൂക്ഷത്വത്തിന് ഏറ്റക്കുറച്ചിലുണ്ട് നമുക്കിപ്പോ ഇത് കേൾക്കുമ്പോ ഇതിന് വിശ്വാസം ഉണ്ടെങ്കിൽ ശ്രദ്ധയുണ്ടെങ്കിൽ എന്നാ മോക്ഷം കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് മാറിപ്പോവും മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് മനസ്സ് പതിയുമ്പോൾ മോക്ഷത്വത്വം മറന്നു പോവും പോവും അപ്പൊ മുമക്ഷത്വം എന്ന് പറയുന്നത് നമ്മളുടെ ഗ്യാരണ്ടീടെ അല്ല ഉണ്ടാകാൻ ഉണ്ടാകാതിരിക്കാം ഈ സാധന സമ്പത്തിയുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം തീവ്ര മോക്ഷത്വം ഉണ്ടാവും എന്നുവെച്ചാൽ അവൻ പിന്നെ വേറെ ഒന്നിനും ശ്രദ്ധിക്കത്തില്ല അവന്റെ ഒരേ ഒരു ശ്രദ്ധ എന്തിനായിരിക്കും ബ്രഹ്മജിജ്ഞാസ എന്നുവെച്ചാൽ ബ്രഹ്മവിചാരത്തിനായിരിക്കും ഇപ്പൊ ഒരാൾ മറ്റേ ശ്രദ്ധിക്കാതെ ബ്രഹ്മവിചാരത്തിൽ ഇവിടെ പറയുന്ന ബ്രഹ്മവിചാരത്തിൽ തന്നെ മൊഴികീരിക്കണെങ്കിൽ അന്റെ അർത്ഥം എന്താണ് അത് ബ്രഹ്മവിചാരത്തിൽ മുഴുകിയിരിക്കുക എന്ന് വെച്ചാൽ എന്തിനാ ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി ബ്രഹ്മവിചാരത്തിൽ മുഴുകുന്ന എണ്ണം മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടിയാണെങ്കിൽ അത് അതും ശരിയാകൂല ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി മറ്റൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാതെ ബ്രഹ്മവിചാരത്തിന് മുഴുകിയിരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അയാൾക്ക് തീവ്രമായ മുമോക്ഷത്വമുണ്ട് മനസിലായോ മറ്റൊരു താല്പര്യം ഇല്ലാതെ മറ്റൊന്നിനു വേണ്ടിയല്ലാതെ ഒരാള് നിരന്തരം ബ്രഹ്മവിചാരത്തിന് മൊഴീകരിക്കണെങ്കിൽ ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി അയാൾ തീവ്ര മോക്ഷത്വമുണ്ട് അപ്പൊ വേറെ എന്ത് മറ്റു താല്പര്യം കിടന്നു വരാൻ ബ്രഹ്മവിചാരം മുഴുവനാണ് വേറെ എന്ത് താല്പര്യമാരുന്നത് എന്താ വരുന്നു വേറെ എന്തെങ്കിലും താല്പര്യം വരൂ അതായത് ഇപ്പൊ ബ്രഹ്മവിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രോണമനനങ്ങളാണ് അപ്പോ ഒരാള് ശ്രദ്ധയോടുകൂടി അത് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഇതിനൊക്കെ വിശ്വസിക്കുന്നു എന്താണ് ഇങ്ങനെ ബ്രഹ്മജ്ഞാനമൊന്നുണ്ടെന്നും ആ ബ്രഹ്മജ്ഞാനം വന്നു കഴിഞ്ഞാൽ അജ്ഞാനം നശിക്കുമെന്നും ആ ബ്രഹ്മജ്ഞാനം മോക്ഷ ബ്രഹ്മസാക്ഷാത്കാരമാണെന്നും ആ ബ്രഹ്മസാക്ഷാത്കാരം കൊണ്ട് അയാള് മുക്തനായിത്തീരും എന്നൊക്കെ അയാൾക്ക് ദൃഢമായ വിശ്വാസമുണ്ട് അങ്ങനെ ദൃഢമായ വിശ്വാസം കൊണ്ട് അയാള് ബ്രഹ്മവിചാരത്തിൽ ഒഴുകുന്നു അപ്പൊ അയാൾക്ക് തീവ്രമായ മോക്ഷത്വം ഉണ്ടായിരിക്കും ഇനി അങ്ങനെ അല്ല അയാൾക്ക് തീവ്രമായ മോക്ഷത്വം ഇല്ലെങ്കിൽ അയാള് എന്താണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത് ഇതിനെ മോക്ഷത്വം ഇതിനെ അറിയുന്നുള്ള ഒരാകാംക്ഷ ജിജ്ഞാസ കേവല ജിജ്ഞാസ ഞാൻ ജിജ്ഞാസ കേവലമായ ജിജ്ഞാസ കൊണ്ട് ബ്രഹ്മത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നു പലരും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നാ ഒന്നറിഞ്ഞിരിക്കുന്നു കേവലം ജിജ്ഞാസ കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഔത്സുഖ്യം അതുകൊണ്ട് ബ്രഹ്മവിചാരത്തിൽ മുഴുകുന്നു പക്ഷെ അയാൾക്ക് എന്തില്ല തീവ്രമോക്ഷത്വം ഇല്ലാതെ വരാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ട് പ്രയോജനമില്ല ഇവിടെ ഇപ്പൊ പറയുന്ന എന്തിനെ കുറിച്ചാണ് തീവ്രമോക്ഷത്വത്തെ കുറിച്ചത് അതാണ് തഥോ അസ്യ എന്ന് പറഞ്ഞതാണ് അനന്തരം സംസാര ബന്ധനാണ് അപ്പൊ ഇത്രയും ഒത്തുചേർന്ന ഒരാൾക്ക് മാത്രമേ ബ്രഹ്മജിജ്ഞാസ കൊണ്ട് ബ്രഹ്മവിചാരം കൊണ്ട് ബ്രഹ്മജ്ഞാനം ഉണ്ടാകത്തുള്ളൂ അവർക്ക് മാത്രമേ ബ്രഹ്മജ്ഞാനം കൊണ്ട് മോക്ഷം ഉണ്ടാകത്തുള്ളൂ അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം ഈ പുസ്തകങ്ങളൊക്കെ വായിക്കാം പഠിക്കാം വേണ്ടിവന്നാ പ്രസംഗിക്കുകയും ചെയ്യാം വരുമ്പോ ഞാനും ഉണ്ടാകത്തില്ല ചെറിയ മോക്ഷം ഉണ്ടാകത്തില്ല എന്തുകൊണ്ടവന് തീവ്ര മോക്ഷത്തും സാധന സമ്പത്ത് ഉണ്ടാകത്തില്ല എന്നാലും വിശ്വാസം ഏഹ് വിശ്വാസം ചെലപ്പോ ഉണ്ടാകാതിരിക്കാം വിശ്വാസമില്ലാതെ ഇതൊക്കെ ചെയ്യാം പിന്നെ വിശ്വാസത്തോടു കൂടി തുടങ്ങിയാലും കൊറച്ച് മുമ്പോട്ട് എന്തേലും എന്താ ഉള്ളി പൊലിച്ചത് ഉള്ളി തൊലിച്ചത് പോലെയാണല്ലോന്ന് തോന്നി ഏഹ് ആത്മീയതയല്ല ബ്രഹ്മം അത് ആത്മീയതയും ബ്രഹ്മജ്ഞാനവും തിരിച്ചറിയാൻ യാത്ര ആത്മീയത വേറെ ബ്രഹ്മജ്ഞാനം വേറെ എന്താ രണ്ടും നമ്മളെ വ്യത്യാസം ഏഷ്ട ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന് ഒരുപാട് വഴികളുണ്ട് ആത്മീയതയ്ക്ക് ഇപ്പോ ഒരാള് പള്ളിയിൽ പോകുന്നു അയാൾക്ക് ആത്മീയതയുണ്ട് പക്ഷെ ബ്രഹ്മജ്ഞാനുണ്ട് ഖുറാം വായിക്കുന്നു അയാൾക്ക് ആത്മീയതയുണ്ട് ബ്രഹ്മജ്ഞാനുണ്ട് ആത്മീയതയും ബ്രഹ്മജ്ഞാനവും രണ്ടും പിന്നെ ഒരാളൊന്നും ചെയ്യുന്നില്ല അയാള് വളരെ ഡിസിപ്ലിനോടുകൂടി ജീവിക്കുന്നു അയാൾക്ക് ആത്മീയതയുണ്ട് ബ്രഹ്മജ്ഞാനമില്ല ഒരാള് പരോപകാര തൽപരനായി ജീവിക്കുന്നു അന്യർ ഉപകാരം ചെയ്യുന്നു എമ്പതിയോടെ ജീവിക്കുന്നു അയാൾക്ക് ആത്മീയതയുണ്ട് ബ്രഹ്മജ്ഞാനമില്ല അപ്പൊ ആത്മീയത ഇല്ല അത് ിച്ചാണെന്ന് പറയുന്നു അവന് തീരെ വിവരം കണ്ടുപോലും ആത്മീയത എന്തെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ബ്രഹ്മജ്ഞാനം മനസ്സിലായിട്ടില്ല അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം എന്താ ആത്മീയത എന്ന് പറയുന്നത് ഏത് മനുഷ്യനും കുറെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിലൊരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മീയതയുണ്ടോ ഒരു സംശയമുണ്ട് അതിനാണ് ആത്മീയതയെന്ന് പറയുന്നത് പക്ഷെ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ശങ്കരാചാര്യർക്കും ശിഷ്യന്മാർക്കും മാത്രമേ ഉണ്ടാവും വേറെ ആർക്കും ഉണ്ടാവത്തില്ല അത് എനിക്കും വേണമെന്ന് ഒരാൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഉണ്ടായില്ലെങ്കിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒത്തിരി പാടാണ് മനസിലായോ അതുകൊണ്ട് തന്നെ രണ്ടിനേ രണ്ടായിട്ട് വേണം കണക്കാക്കാൻ ഇനി ബ്രഹ്മജ്ഞാനത്തിനും ആത്മീയതയുണ്ട് ശരിയാണ് പക്ഷേ അതിന് മാത്രമേ ആത്മീയതയുള്ളൂ എന്ന് പറയാൻ പാടില്ല ഇപ്പൊ ആത്മീയതയുണ്ട് പക്ഷെ ബ്രഹ്മജ്ഞാനത്തെ അംഗീകരിക്കുന്നില്ല ശങ്കരാചാര്യരുടെ മാധ്യമ ആത്മീയതയുണ്ട് പക്ഷേ ശങ്കരാചാര്യ ബ്രഹ്മജ്ഞാനത്തെ അംഗീകരിക്കുന്നില്ല അപ്പോൾ ആത്മീയതയും ബ്രഹ്മജ്ഞാനവും ഒന്നെന്ന് പറയുന്നത് രണ്ടു രണ്ടാണ് ബൗദ്ധമതം അവർക്കുണ്ട് ആത്മീയത പക്ഷെ അവര് ആത്മാവിനെയും ബ്രഹ്മജ്ഞാനത്തെയൊന്നും അംഗീകരിക്കുന്നില്ല എന്താണ് ഫ്രീ ഫ്രം ആൾ എല്ലാ സിദ്ധാന്തങ്ങളിൽ നിന്നുള്ള അതാണ് ആത്മീയത അതാണ് മോക്ഷം എല്ലാ സിദ്ധാന്തങ്ങളിൽ നിന്നുള്ള മുക്തി അദ്വൈതം ഇഷ്ട അദ്വൈതം ദ്വൈതം യോഗം സാഹിത്യം പിന്നെ ബൗദ്ധം ജൈനം ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ടല്ലോ എല്ലാ സിദ്ധാന്തങ്ങളും നിന്നുള്ള മോചനമാണ് മോക്ഷം എന്ന് പറയും അതാത്മീയതയാണ് മനസ്സിലാദിനെ അങ്ങനെ കാണരുത് സംസ്കൃതത്തിൽ സംസ്കൃതമാണ് ആത്മീയത പാലിന് മലയാളത്തിൽ എന്താ പറയുക എന്ന് ചോദിക്കുമ്പോഴും അത് സംസ്കൃതമാണ് സംസ്കൃത മലയാളം മലയാളത്തില് പറയുകയാണെങ്കിൽ ആത്മാവിനെ സംബന്ധിക്കുന്ന അപ്പൊ അതാണോ ചോദിച്ചത് മീനിങ് ആണ് ചോദിച്ചത് ആ അപ്പൊ ചോദിച്ചും ചോദിച്ചത് ഓത്മീയതക്ക് മലയാളത്തിൽ എന്തു പറയും അല്ല സംസ്കൃതത്തി എന്ത് പറയും ആത്മീയതയ്ക്ക് സംസ്കൃതത്തിന് പറയും തമിഴ് സിദ്ധന്മാരൊക്കെ ഇതൊക്കെ തന്നെ പറയുന്നു അവര് ഇതൊക്കെ തന്നെ പറയുന്നു പിന്നെ അതിനകത്ത് ഒരു മിസ്റ്റിസ് കൂടുതൽ വരും സംഗ്രഹാർ പറയുമ്പോ മിസ്റ്റിസ് അവിടെ ഞാൻ മിസ്റ്റിസിന്ന് വെച്ചാൽ നിഗൂഢത നിഗൂഢത തമിഴ് ഇന്നൊരു പ്രത്യേകത എല്ലാം നിഗൂഢമായിപ്പോയി സംക്രാം എന്താണ് ആശയത്തിന്റെ ക്ലാരിറ്റിയാണ് പറയുന്നത് ക്ലിയറായിപ്പോയി രണ്ട് തമിഴ് വ്യത്യാസം അവിടെ ഒന്നും നിഗൂഢമായി ഒന്നും പറയത്തില്ല സമാധി സമാധി എന്ന് പറഞ്ഞാൽ നിഗൂഢമാവും വേറെ ആർക്കും മനസിലാകത്തില്ല അവര് ഒരു കാര്യ ശങ്കരായാലും പറയത്തില്ല സമദ്വീഹി സമാധി സമീ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പറയാ ഈ കുട്ടി പറഞ്ഞോളിയും പറയാം ഓക്കെ ഓക്കെ